സത്യനിഷേധികൾ പറഞ്ഞു ഈ ഖുർആാനിലും അതിനു മുൻപുള്ളതിലും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല അക്രമികൾ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിർത്തിക്കപ്പെട്ട അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ അവർ പരസ്പരം വാക്കുകൾ കൈമാറുന്നു അടിച്ചമർത്തപ്പെട്ടവർ അഹങ്കാരികളോട് പറയുന്നു നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വാസികളായേനെ